അദ്ദേഹത്തിന്റെ ജനതയിലെ അഹങ്കാരികളായ പ്രമുഖർ പറഞ്ഞു ഷൈബ് അലഹിസ്സലാം നിങ്ങളെയും നിങ്ങളോടൊപ്പം വിശ്വസിച്ചവരെയും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്കും മടങ്ങിവരണം അദ്ദേഹം ചോദിച്ചു ഞങ്ങൾ അതിന് വിമുഖരാണെങ്കിലും അങ്ങനെ ചെയ്യണമോ